അതിനാൽ നിങ്ങളുടെ ഈ ദിനവുമായുള്ള കൂടിക്കാഴ്ച നിങ്ങൾ മറന്നുപോയതിനാൽ അതിന്റെ ഫലം രുചിക്കൂ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ മറന്നു നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്കു പകരമായി ശാശ്വതമായ ശിക്ഷ രുചിക്കൂ